വിശ്വസാഹിത്യത്തിലെ മഹാപ്രതിഭകളിൽ ഒരാളാണ് റഷ്യൻ നോവലിസ്റ്റ് ദസ്തേവിസ്കി ലോകത്തിലെ ഏറ്റവും മികച്ച നോവലിസ്റ്റായി അദ്ദേഹത്തെ കണക്കാക്കുന്നവരുമുണ്ട് വിചിത്രവും സ്തോഭപൂർണവും അവിശ്വസനീയവുമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് നാനാതരം ദൗർഭാഗ്യങ്ങളിലും സങ്കടങ്ങളിലും സംഘർഷങ്ങളിലും ആന്തരവൈരുദ്ധ്യങ്ങളിലും പെട്ട് വലിഞ്ഞു മുറുകി നിന്ന ഒരു ജീവിതം തകർന്ന സ്നേഹബന്ധങ്ങൾ ഒറ്റപ്പെടൽ ദാരിദ്ര്യം കടം രോഗം അസന്മാർഗി എന്നുള്ള ചീത്തപ്പേര് ചൂതുകളിയുടെ ഭ്രാന്ത് ജീവിതം ഒരു ദുരന്ത കഥയായിത്തീരുന്നു ദസ്ത്യേവിസ്കയും അന്നയും ഒന്നിച്ചുള്ള മൂന്നാഴ്ചക്കാലത്തെ ജീവിതവും ചൂതാട്ടക്കാരൻ എന്ന നോവലിൻ്റെ രചനയുമാണ് ഈ കഥയുടെ പശ്ചാത്തലം എഴുത്തുകാരൻ അനുഭവിക്കുന്ന ഉൾപോര് എഴുത്തുകാരൻ അനുഭവിക്കുന്ന ആത്മസംഘർഷം ദൈവികമായ ഒരു അനുഭവത്തിൻ്റെ വികാരമൂർച്ച കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന ഒരു കാവ്യാനുഭവം ഒരു സങ്കീർത്തനം പോലെ പെരുമ്പടവും ശ്രീധരൻ എഴുതിയ നാടകം ശബ്ദം നൽകുന്നവർ അലയാർ ജി കെ പിള്ള പി ഗംഗാധരൻ നായർ പി സി സോമൻ അനന്തപുരം രവി പട്ടം ബേബി കെ ആർ പ്രേമൻ ജോസഫ് ഗ്യാൻഷിയസ് അമ്പാടി തങ്കപ്പൻ വടദേക്കാട് ബാബു മീനാ നെവിൽ കോട്ടയം ചാന്ത സി എസ് രാധാദേവി കൃഷ്ണപ്രിയ സംഗീതം മുരളീ സിതാര സാങ്കേതിക സഹായം എസ് ഗോപിനാഥൻ നായർ സംവിധാനം കെ എ മുരളീധരൻ ബേബൻ കൈമാപ്പുറമ്പൻ പുത്തനം പോലെ െളം ആരെങ്കിലും കിടന്നുറങ്ങുമോ ഫയതോർ ഇന്നലെ രാത്രി എപ്പോഴാ വന്നേ ഓർമയുണ്ടോ അന്നേരം ഏതവസ്ഥയിലായിരുന്നു എന്റെ ബഹുമാനപ്പെട്ട ഫെദോസിയമ്മായി നല്ല ഒരു ഉറക്കത്തിന് ശേഷം കഴിഞ്ഞ രാത്രിയെ കുറിച്ച് ആരോർക്കുന്നു അർദ്ധരാത്രി വരെ ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നു പിന്നെ വിളക്കണച്ച് കിടന്നു ഒരു കാര്യം തീർച്ചയായും ഈ കെട്ടിടത്തിൽ അവസാനം ഉറങ്ങാൻ കിടന്നത് ഞാൻ തന്നെയാണ് കിടന്ന ഉടനെ ഉറങ്ങി പോയി മുട്ടുന്നത് കേട്ട് ഞാൻ ഉണർന്നപ്പോൾ സമയമെന്താന്ന് തീർച്ചയുണ്ടായില്ല വേളിക്കാൻ പിന്നെ എന്തുണ്ടായിരുന്നു ബാക്കി ഈ വയസ്സായവർക്ക് സന്ധ്യ ആവുമ്പോഴേക്കും ഉറക്കം വരും ഉറക്കം വരുമ്പോൾ പാതിരാത്രി ആയെന്നാണ് അവരുടെ വിചാരം ഒരു താമാശക്കാരൻ പിണങ്ങാതെ എന്റെ ദൈവമേ എനിക്ക് ഈ ഭൂമിയിൽ വേറെ ആരാ ഉള്ളത് ഈ കിഴവിയല്ലാതെ ഞാൻ കുറ്റപ്പെടുത്തുന്നത് സന്തോഷത്തോടെയാണെന്നാണോ ഫൈദോറിന്റെ വിചാരം അല്ല സ്നേഹം കൊണ്ട് സഹതാപം കൊണ്ട് ഒരാൾ ഇങ്ങനെ നശിക്കുന്നത് കണ്ടിട്ട് എനിക്കറിയാം പുറത്ത് ലോകം മുഴുവൻ ഫയദോർ മിഖൈ ലോപിച്ച് ദസ്തേവിസ്കിയെ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും കാത്തു ഹോക്ക ഒക്കെ നശിച്ചു സ്വന്തം ജീവിതം പോലും അല്ലെങ്കിൽ എങ്ങനെ മതിപ്പുണ്ടാകും മറ്റുള്ളവർക്ക് കണ്ടവരോടൊക്കെ കടം മേടിച്ച് കള്ളു നടക്കുന്ന നാണം കെട്ടേവിസ്കിക്ക് എന്തൊക്കെ ബഹുമതികളാണ് ആ മൂവായിരം റൂബിളിൻ്റെ കടപ്പത്രം കൊണ്ട് അയാൾ ഫയദോറിൻ്റെ എല്ലാം തട്ടിപ്പറിക്കും ഹലോ ഗുഡ് മോർണിംഗ് ആഹാ വരണം ഞാൻ ഇപ്പോൾ താങ്കളുടെ കാര്യം ഓർത്തതേ ഉള്ളൂ എന്നെ ഓർമ്മയുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം ഞാൻ ആകപ്പാട് വലിയ വിഷമത്തിലാണ് അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുകയില്ല എന്തിനാണ് മറ്റുള്ളവർ പറയുന്നത് എഴുതിയ ആൾക്ക് പോലും അർത്ഥം പിടികിട്ടാത്ത ഒരു വാക്യം പോലെയാണ് എൻ്റെ വിധി ഞാനിപ്പോൾ പറഞ്ഞത് ദൈവത്തെക്കുറിച്ചാണ് അതുപോട്ടെ സ്റ്റെല്ലോസ്ക്ക് സംശയിക്കണ്ട നിങ്ങൾക്കുള്ള നോവൽ ഞാൻ എത്രയും വേഗം എഴുതി തീർക്കും ഞാൻ ആ ഉദ്ദേശത്തോടെ വന്നത് ഈ വഴി പോയപ്പോൾ വെറുതെ ഒന്ന് കയറിയെന്ന് മാത്രം ഒന്ന് കാണാൻ എൻ്റെ എഴുത്തുകാരെ അങ്ങോട്ട് ചെന്ന് കാണുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ് അല്ലെങ്കിൽ സ്നേഹമെന്നൊക്കെ പറയുന്നതിന് എന്താണ് അർത്ഥം തുഷ്ട നിന്റെ നാവ് കൊണ്ട് സ്നേഹത്തെ കുറിച്ച് പറയാതെ കേട്ടില്ല എന്താ പറഞ്ഞേ ഇല്ല ഒന്നും പറഞ്ഞില്ല ആ എന്നാ ഞാൻ പോട്ടെ അങ്ങേ ദൈവം അനുഗ്രഹിക്കും അലോൻകിൻ താഴെ ഉണ്ടാവു അലോൻകിൻ പിന്നെ എവിടെ പോകാനാ അയാൾ അയാളുടെ കടയിൽ ഉണ്ടാവും വന്ദനം അലോൻഗിൻ വന്ദനം വന്ദനം ഇന്നലെ ചൂതുകളിച്ചെല്ലാം നഷ്ടപ്പെട്ടല്ലേ ഞാൻ കേട്ടു പിന്നെ കേൾക്കാതെ വരുമോ ദസ്തേവിസ്കിയുടെ നഷ്ടങ്ങളുടെ കണക്ക് വയ്ക്കുന്ന കാര്യം ആരും മറക്കില്ല എന്നോട് പിണങ്ങണ്ട ഞാൻ വെറുതെ കേട്ടത് പറഞ്ഞതുമാത്രം അലോൻഗിൻ പറ ദാരിദ്ര്യവും ദൗർഭാഗ്യവും ഒരു കുറ്റമാണ് എന്താ സംഗതി ഞാൻ വെറുതെ ഓർക്കുകയായിരുന്നു ചിലരുടെ ഭാവം കണ്ടാൽ അങ്ങനെ തോന്നും ഞാൻ പറയുന്നത് കല്ലുകൊണ്ട് പണിത മനസ്സുള്ളവരെ എന്നിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്ന ആളല്ല ഞാൻ ഞാനത് ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് സ്നേഹവും അലയുമുള്ള ഒരു ചങ്ങാതി ഉണ്ടായിരിക്കുന്നത് ഏത് മനുഷ്യൻ്റെയും ഭാഗ്യമാണ് വിശേഷിച്ചും എന്നെ പോലെയുള്ള ഒരാളിന് പക്ഷേ വഴിയിൽ കണ്ടുമുട്ടുന്ന എല്ലാവരും അങ്ങനെയല്ല ദൈവം നല്ല മനുഷ്യരെ ഒളിപ്പിച്ചു വയ്ക്കുന്നു അലോൻഗിൻ എനിക്കൊരു പതിനഞ്ച് റൂപിൽ കടന്താ വാടക കുടിശ്ശികയുടെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട് അതിൻ്റെ കൂടെ ഈ കടവും കൂട്ടിക്കോ എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചങ്ങ് തരും മാസാവസാനത്തോടെ കാര്യങ്ങളൊക്കെ ശരിയാകും ഒരാളുടെ അവസ്ഥ എന്നും ഒരുപോലെ ഇരിക്കില്ലല്ലോ നോക്കുമ്പോൾ പ്രപഞ്ചത്തിൽ നമ്മൾ എന്താണ് കാണുന്നത് ഞാൻ എന്തു പറയാനാ ഇത്രയും വലിയ ഒരാളിനോട് പതിനഞ്ച് റൂബിളുമുണ്ട് എങ്ങനെയാ ഞാനതിന് നന്ദി പറയുന്നേ ഇത്രയും താൽപ്പര്യം എൻ്റെ കാര്യത്തിൽ ദൈവം കൂടി കാണിച്ചെങ്കിൽ സംഗതികൾ ഒരുവിധം ഭംഗിയായി നടന്നു പോയനെ ഇനി എങ്ങോട്ടാ നേരെ ചൂതുകളി കേന്ദ്രത്തിലേക്ക് അല്ലേ ഏ ചുമ പിന്നെ എനിക്കറിഞ്ഞുകൂടെ നടന്നെത്താൻ വൈകും ഒരു വണ്ടി പിടിച്ചു അലോ ഇങ്ങനെ കൊല്ലുന്ന തമാശ പറയാതെ ആ സ്റ്റെല്ലോവിസ്ക് വന്നു പോകുന്നത് കണ്ടല്ലോ എത്രയും വേഗം അയാൾക്കുള്ള നോവൽ എഴുതി കൊടുത്ത് ആ കടം വീട്ടിക്കും ഇല്ലെങ്കിൽ ഇതുവരെ എഴുതിയതിൻ്റെയും ഇനി എഴുതാനുള്ളതിൻ്റെയും അവകാശം അയാൾക്ക് അങ്ങനെയല്ലേ കണ്ടീഷൻ ഓർത്തോ അയാൾ എഴുത്തുകാരുടെ ചോര കുടിക്കുന്ന അട്ടയ ഞാൻ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കല്ലമ്മേ ഓൾഖിൻ പറഞ്ഞിട്ട് വേറൊരാളുടെ അടുത്തേക്ക് ഒരാൾക്കൊരു സ്റ്റെനോയ ആവശ്യം ഉണ്ടെന്ന് കിട്ടിയാൽ ഭാഗ്യമായി അമ്മേ നിന്റെ പഠിത്തം കഴിഞ്ഞിട്ട് പോരെ ജോലിക്ക് പോകാൻ കഷ്ടപ്പാടുണ്ട് എന്നോർത്ത് ഇതങ്ങനത്തെ ജോലി അല്ലമ്മേ പിതാവ് പറഞ്ഞ അമ്മ കേട്ടിട്ടില്ലേ ദസ്തേസ്കിയെ കുറിച്ച് അദ്ദേഹത്തിന് പകർത്തി എഴുതാൻ ഒരാളെ വേണോന്ന് നോവൽ എഴുത്തുകാരൻ ദസ്റ്റ് അതെ മഹാനായ നോവലിസ്റ്റ് പാവപ്പെട്ടവരും കുറ്റവും ശിക്ഷയും ഒക്കെ എഴുതിയ പിതാവ് ഒരിക്കൽ പറഞ്ഞു ദസ്തേവിസ്കിയുടെ ഹൃദയത്തിനുമേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെന്ന് അതില്ലാത്ത ഒരാൾക്ക് അങ്ങനെ എഴുതാൻ കഴിയുമോ അത്ര സുന്ദരമായിട്ട് അത്രമേൽ ഹൃദയത്തെ ഇളക്കി ഞാൻ ഓർക്കുന്നുണ്ട് നിന്റെ പിതാവിന് ദസ്റ്റേവിസ്കിയെന്ന് വെച്ചാൽ ജീവനായിരുന്നു എന്നാൽ ഞാൻ ഇന്ന് ഡെസ്തേസ്കിയുടെ സ്റ്റെനോഗ്രാഫറാവാൻ പോവുകയാണ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നേ ഞാൻ അന്ന ഇതല്ലേ നോവലിസ്റ്റ് ഫൈദോർ മിഖലോയ്ച്ച് ദസ്തേസ്കിയുടെ വീട് അതെ എന്താ എനിക്ക് ദസ്തേയസ്കി ഒന്ന് കാണണം എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാര അദ്ദേഹത്തിൻ്റെ ഞാനോ ഞാൻ ഫെദോസിയ അദ്ദേഹത്തിന്റെ ജോലിക്കാരി അല്ലെങ്കിൽ അദ്ദേഹത്തിനിപ്പോൾ സ്വന്തപ്പെട്ടിട്ടെന്ന് പറയാൻ ഞാനേ ഉള്ളൂ അകത്തുണ്ട് വാതിലി മുട്ടിയാൽ മതി ഞാൻ പറഞ്ഞിട്ട് വന്നതാണ് അങ്ങക്ക് വേണോന്ന് പറഞ്ഞിരുന്നു വരൂ എന്താ പേര് എത്ര കുട്ടികളുണ്ട് സ്കൂളിൽ ആദ്യം നൂറ്റമ്പതോളം ഉണ്ടായിരുന്നു ഇപ്പോൾ കഷ്ടി ഇരുപത്തഞ്ച് എല്ലാവരും ആദ്യം വിചാരിക്കുക സ്റ്റെനോഗ്രാഫി എളുപ്പമാണെന്നായിരിക്കും പിന്നെയല്ലേ അതിൻ്റെ വിഷമം മനസ്സിലാകുന്നത് അന്നേരം ഇട്ടേച്ച് പോകും ഏത് പുതിയ കാര്യത്തിലും അതാണ് സംഭവിക്കുന്നത് ആദ്യം തോന്നും എളുപ്പമാണെന്ന് പിന്നെയാണ് അതിൻ്റെ വിഷമം മനസ്സിലാകുന്നത് കഷ്ടപ്പെടാൻ ആർക്കാണ് മനസ്സുള്ളത് ഇക്കാലത്ത് അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ച് എന്താ ഒന്നും മിണ്ടാത്തേ മനസ്സിലായില്ലെന്നാണോ എങ്കിൽ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ മനസ്സിലാകും നീ വന്നിരിക്കുന്നതും വിഷമം പിടിച്ച ഒരു പണിക്കാണ് എന്റെ കാര്യമാണെങ്കിൽ എത്ര കഷ്ടപ്പെടാനും ഒരുക്കാണ് ഞാൻ സാറാ എങ്ങനെ വല്ലതും വായിക്കുന്ന കൂട്ടത്തിലാണോ എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കുകളും വേദപുസ്തകവും ഒഴിച്ച് ഉവ്വ ഫൈദോറിൻ്റെ പാവപ്പെട്ടവരും കുറ്റവും ശിക്ഷയും വായിച്ചിട്ടുണ്ട് ഞാൻ സാറേയല്ല ഓർമ്മ പിശകുകൊണ്ടാണ് അന്ന കേൾക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നോവൽ എഴുതി തീർക്കണം എനിക്ക് നവംബർ ഒന്നിന് മുമ്പ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതെത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് പകർത്തി എഴുതാൻ ഒരാളെ വയ്ക്കാൻ ആലോചിച്ചത് പക്ഷേ എൻ്റെ മനസ്സതിന് വഴങ്ങുന്നില്ല ഇപ്പോഴെൻ്റെ ആലോചന ആ നോവലിൻ്റെ ആശയം തന്നെ അങ്ങ് ഉപേക്ഷിച്ചാലോ എന്നാണ് ശമ്പളത്തിൻ്റെ കാര്യം കൊണ്ടാണെങ്കിൽ എഴുത്ത് തനിയെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ധ്യാനം പോലെ പ്രാർത്ഥന പോലെ അത്ര രഹസ്യമായിട്ട് അത്ര ഏകാന്തമായിട്ട് മറ്റൊരാളുടെ പങ്കാളിത്തം അതിൻ്റെ സകല വിശുദ്ധിയും നശിപ്പിക്കും ഞാൻ കേട്ടപ്പോൾ അതെന്തോ ആവട്ടെ നിനക്ക് എന്ത് തോന്നുന്നു എനിക്ക് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണോ കഷ്ടപ്പെടാൻ തയ്യാറാണോന്ന് ചോദിച്ചാൽ എന്നാൽ ഒന്ന് പരീക്ഷിച്ചു കളയാം ഞാൻ ക്രൈം ആൻഡ് പണിഷ്മെന്റിൽ നിന്ന് ഒരു ഭാഗം വായിക്കും നീ എഴുതുമോ പെട്ടെന്ന് സോണിയ അടുത്തുള്ള കാര്യം അയാൾ അറിഞ്ഞു അവൾ നിശ്ശബ്ദമായി അടുത്തു അരികിലിരുന്നു അവളുടെ മുഖത്ത് അപ്പോഴും രോഗലക്ഷണം ഉണ്ടായിരുന്നു അത് വിളർത്തും വാടിയുമിരുന്നു സ്നേഹത്തോടെ അയാളെ നോക്കിയതിനു ശേഷം പണ്ടേ പോലെ അവൾ കൈത്തലം നീട്ടിക്കാണിച്ചു സ്വീകരിക്കുമോ എന്ന സംശയത്തോടെ കുറച്ച് സാവകാശത്തിൽ ഓ ഒച്ചഴയും പോലെ അല്ലേ എവിടെ എഴുതിയെടുത്തോളോ ഒന്ന് കാണട്ടെ എന്തുമാതിരി എഴുത്താണിത് യാതൊരു ഭംഗിയുമില്ല ഇതെങ്ങനെ വായിക്കും നോക്കൂ ഒരു വാക്യം വിട്ടുപോവുകയും ചെയ്തു നിന്നെ ഒക്കെ ആരാ സ്റ്റേനോ ഗ്രാഫി പഠിപ്പിച്ചേ നിന്റെ പേരെന്താന്നാ പറഞ്ഞേ അന്ന ഞാൻ ആകെ അസ്വസ്ഥനാണ് അന്ന കേട്ടിട്ടുണ്ടോ എന്തോ ഞാനൊരു ഇന്നലെ ഞാൻ അതിന്റെ സന്നിയിലായിരുന്നു എനിക്ക് വൈകിട്ട് വരൂ അതാണ് നല്ലത് എങ്ങനെ വരുമോ എന്താ മിണ്ടാത്തേ മൂളിയാൽ പോരാ വരണം എൻ്റെ ശാപം ഇതാണ് ഇങ്ങോട്ട് സ്നേഹം കാണിക്കുന്നവരെയും വെറുപ്പിക്കും ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല സൂചി വരയിലെ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല ആരാ ആരാണുണ്ടാകുന്നേ കളി തോക്കുമ്പോ ബഹണം വെക്കണ എന്ത് ചെയ്യണം ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഇത് കളിക്കണ്ടേരം വാച്ചും പണയും വെച്ച് ഒരു അല്ലെങ്കിൽ ജയിച്ചിട്ടുള്ളത് അതിന് ചരിത്രമുണ്ടോ ഇവിടെ കളി ജയവും തോൽവിയൊക്കെ ഇത് ആദ്യമാണോ എന്തിനാ എല്ലാ കടയിലും തോക്കുന്ന ഒരാൾക്ക് ആരാ കടം കൊടുക്കുന്ന ഇങ്ങനെ ഒരു ജന്മം എന്ത് കിട്ടിയാലും അതൊക്കെ നശിപ്പിക്കും എന്തെങ്കിലും ചൂതുകളിക്ക് അല്ലെങ്കിൽ കള്ളിഷാപ്പില് ഒരാളിങ്ങനെ നശിക്കുന്നത് ഓർക്കുമ്പോ കേൾക്കില്ല എന്താ അമ്മയ്ക്ക് നീ വിളിക്കുന്നുണ്ടോ എന്ന് കാവ ഓർത്തിരിക്കുകയാണോ എന്റെ തൊഴിൽ അല്ല നീ എങ്ങോട്ടാ ഡെസ്തോസ്കിയുടെ അടുത്തേക്ക് അപ്പോഴേ നീ ഇന്നലെ പറഞ്ഞതോ ഇനി പൊന്നളന്ന് ശമ്പളം തന്നാലും ആ മനുഷ്യന്റെ ജോലി വേണ്ടാന്ന് പിന്നെ ഓർത്തപ്പോൾ ആ മനുഷ്യൻ പാവാണ് അമ്മേ ഒരു ശുദ്ധാത്മാവ് ഇതാണ് നിന്റെ സ്വഭാവം അരനിമിഷം മതി മനസ്സ് തകടം മറിയാൻ ഇത്രയ്ക്ക് കർക്കച്ചക്കാരനായിട്ടൊരാളെ ഞാൻ കണ്ടിട്ടില്ല നിസാര കാര്യത്തിന് പോലും പൊട്ടിത്തെറിക്കും ഇന്നലെ സത്യത്തെ ഞാൻ പേടിച്ചു പോയി എൻ്റെ അമ്മ ഇങ്ങനെയുണ്ടോ ഒരു ചാടിക്കടിക്കല് ഒരു വന്യമൃഗത്തെ പോലെ ഞാനൊന്നും പറയുന്നില്ല നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ സ്നേഹത്തെയും സങ്കടങ്ങളെയും കുറിച്ച് എഴുതുന്ന ആളാണെന്ന് നീ തോന്നില്ല അന്നേരം ചിലപ്പോൾ മനുഷ്യരങ്ങനെയാ നിനക്കിതൊക്കെ മനസ്സിലാക്കാൻ കുറെ കഴി ആ ഞാൻ പോകുന്നമ്മേ ഞാൻ വിചാരിച്ചത് നീ വരില്ലെന്നാണ് ഇന്നലെ എന്റെ പെരുമാറ്റം അത്ര മോശമായിരുന്നു ഒന്നും മനഃപൂർവമല്ല ഒരാൾക്ക് എപ്പോഴും നല്ലവനായിരിക്കുക അസാധ്യമാണ് കുട്ടി ഞാൻ വൃത്തികെട്ടവൻ മോശടൻ മര്യാദയില്ലാത്തവൻ സോണിയ എന്നൊരു ക്ഷമിക്കേ എന്റെ പേര് സോണിയെന്നല്ല ഞാൻ അന്നയാണ് അതെ അതെ അന്ന ഇന്നലെ ആ പേര് പലവട്ടം ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു നോക്കി എന്തൊരു മറവി ഞാൻ പല ഭ്രാന്തം കാണിച്ചു നിന്നിരിക്കും അതൊന്നും കാര്യമായിട്ടെടുക്കരുത് പലതരം കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഞാൻ കുറേയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ പിതാവ് പറഞ്ഞു ഞാൻ അനുഭവിച്ചതിന്റെ പകുതി കഷ്ടതകൾ അനുഭവിച്ച ഒരാൾ ഉണ്ടെന്ന് വിചാരിക്കേ തീർച്ചയായും അയാൾ മുഴുഭ്രാന്തനായിരിക്കും ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാൻ ഭ്രാന്തിന്റെ വക്കിൽ പിടിച്ചു നിൽക്കുന്നു എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ദൈവത്തിന് നന്ദി ഒരാൾ സ്വന്തം പിഴ ഏറ്റുപറയുന്നതിൽ എന്താണ് തെറ്റ് നോക്കൂ അന്നക്ക് സമ്മതമാണെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അന്നയുടെ മുമ്പിൽ മുട്ടുകുത്ത വേണ്ട വേണ്ട അതിനും മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നോട് എന്നോടെന്നല്ല ആരോടും ഇതിനു മുമ്പ് എന്റെ തെറ്റുകൾക്ക് എന്നോടാരും ക്ഷമിച്ചിട്ടില്ല എല്ലാവരും എന്നെ വിചാരണ ചെയ്യുകയും പീഡിപ്പിക്കുകയുമാണ് ചെയ്തത് അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ലോകം മനസ്സിലാക്കുന്നത് അതിന്റെ പേരിലല്ല നേരോ എന്നെ വിശ്വസിക്കുമോ ഞാൻ എല്ലാം പറയുന്നില്ല അതൊക്കെ ഒരു മനുഷ്യാത്മാവിന്റെ കുരിശുമരണങ്ങളാണ് ഞാനൊരു ക്രിസ്തുവാകാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുന്നു എല്ലാം ഒന്ന് വിസ്തരിച്ച് കേൾക്കണം എന്നുണ്ട് വേണ്ട ഒരാൾ ചീത്ത ജീവിതം ജീവിച്ചതും പോരാഞ്ഞിട്ട് അതൊക്കെ മറ്റുള്ളവരോട് വർണ്ണിക്കാനും നിൽക്കണോ നോവൽ പറഞ്ഞു തന്നെ ഞാൻ എഴുതിയേനെ കണ്ടോ ഞാനത് മറന്നു എനിക്കെന്തോ കുഴപ്പമുണ്ട് ആ ഞാൻ റെഡി അന്നെ അങ്ങോട്ടിരുന്നുള്ളൂ ഒരു ചൂതാട്ടക്കാരൻ്റെ കഥയാണ് പറഞ്ഞു വരുമ്പോൾ കുറേയൊക്കെ അത് എന്റെ കഥയായിട്ട് വരും അന്നക്ക് എത്രയസ്സായി ഇരുപത് ഞാൻ ഊഹിച്ചത് തന്നെ എനിക്കെത്രയായെന്നറിയാമോ നാൽപ്പത്തഞ്ച് കണ്ടാൽ അതിൽ കൂടുതൽ തോന്നും അല്ലേ അല്ലെങ്കിൽ നോവൽ നമുക്ക് നാളെ തുടങ്ങാം ഇന്നെന്തോ ഒരു വെളിപാട് കിട്ടുന്നില്ല ചൂതുകളിക്കാരൻ സ്വന്തം കഥയാണെന്ന് പറഞ്ഞത് അതെ അതെ വായിക്കുന്നവർക്ക് തോന്നും അതൊരു ഭ്രാന്തന്റെ കഥയാണെന്ന് ഐശ്വര്യവും സൗന്ദര്യവും സ്ഥാനമാനങ്ങളും ഒക്കെ അർഹിക്കുന്നവർക്കല്ല കിട്ടുന്നത് ഞാൻ ദൈവത്തെ വിമർശിക്കുകയാണെന്ന് കരുതരുത് ആലോചിച്ചു നോക്കുമ്പോൾ ഈ ലോകം തന്നെ ഒരു ചൂതുകളി സ്ഥലമല്ലേ ചിലർ നേടുന്നു ചിലർ നഷ്ടപ്പെടുന്നു ഭാഗ്യനിർഭാഗ്യങ്ങളുടെ രഹസ്യം എന്താണ് എനിക്കൊന്നും അറിയില്ല ഞാൻ കേട്ടിട്ടുണ്ട് പട്ടാളക്കാരന്റെ തോക്കിനു മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടതാണെന്ന് പട്ടാളക്കാരന്റെ സാർ ചക്രവർത്തിയുടെ മരണം തൊട്ടുമുമ്പിൽ ഒരു നിമിഷത്തിന്റെ അകലത്തിൽ ആദ്യം എനിക്കത് കേട്ടപ്പോൾ കരച്ചിൽ വന്നു ഒരാൾ അങ്ങനെ മരണം ഒരു കാഞ്ചി വലിക്കുന്നതും കാത്ത് എന്റെ ദൈവമേ പട്ടാളക്കാരുടെ കവാത്ത് മൈതാനത്ത് കൈകാലുകളിൽ പൂട്ടപ്പെട്ട ചങ്ങലകളോടെ നിന്നു സംഗതി തീരാൻ പോകുകയാണ് ദൂരെ ഒരിടത്ത് പതിനഞ്ച് ശവപ്പെട്ടികൾ നിരത്തിവെച്ചിരിക്കുന്നു അന്ത്യകൂദാശയ്ക്ക് വൈദികൻ വന്നു കുരിശുമുത്തിയപ്പോൾ ജീവിതത്തിലെന്നാദ്യമായി ക്രിസ്തുവിനെ ചുംബിക്കുന്നത് തോന്നി പട്ടാളക്കാർ തോക്കിൽ ഉന്നം പിടിച്ചു ഭൂമിയിൽ തൻ്റെ അവസാന നിമിഷം അപ്പോൾ അശ്വാരൂഢനായ ഒരു ഭടൻ വരുന്നു വെള്ളത്തൂവാല വീശിക്കുന്നു കൊല്ലണ്ടാവ് കഠിനതടവ് മതിയെന്ന് തന്നെ നമ്മുടെ ജീവിതവും മരണവും ഒക്കെ നമ്മുടെ ഹൃദയത്തിനകത്താണ് അന്നേക്കറിയാമോ ഞാൻ ഇതുവരെ ജീവിച്ചത് എന്റെ ഹൃദയത്തിനകത്താണ് എനിക്കിപ്പോൾ വേണ്ട അല്ലേ ആ നമ്മളിപ്പോൾ യാത്ര പറയുകയാണ് കടം തരാൻ സന്മനസ്സുള്ള ഒരാളെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം പാഴായത് തന്നെ ആദ്യം കാണുകയാണല്ലേ പേടിക്കണ്ട നമുക്കിത് നോക്കി നിൽക്കാനേ കഴിയൂ ദൈവമേ ഇത്രയൊക്കെ സഹിച്ച് ഒരാൾ ജീവിക്കുന്നതോർക്കുമ്പോൾ നിനക്കതൊന്നും അറിയില്ലേ ആരും പറഞ്ഞിട്ടില്ലേ നിന്നോട് ഇല്ല എന്നോട് ആരും പറഞ്ഞിട്ടില്ലേ ഇതുവരെ സൈബീരിയയിലെ തടവിൽ കുറേ വർഷം ഒരു മനുഷ്യൻ ജീവിതം മടുക്കാൻ അത് അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് മെറിയായെ കണ്ടുമുട്ടുന്നത് വേറൊരാളുടെ ഭാര്യയെ ഒരു കുട്ടിയും ഉണ്ട് അവൾക്ക് അങ്ങനത്തെ ഒരു പെണ്ണിനെ സ്നേഹിക്കുമ്പോൾ എന്താ ഉണ്ടാവുക ഒന്നും പറയാതിരിക്കുക ഭേദം നരകിച്ചു കടം സർവത്ര കടം അതൊന്നും പോരാഞ്ഞിട്ട് ഈ രോഗവും എന്റെ ചുഴലി ഇളക്കം കണ്ട് എന്ന പേടിച്ചു പോയല്ലേഴലി ഇളക്കം കണ്ടു നിൽക്കുന്നവർക്ക് വിഷമം തോന്നും ശരിയാണ് രോഗം എപ്പോഴും രോഗം തന്നെയാണ് എന്നാൽ ഞാൻ അതിനെ ദിവ്യമായിട്ടാണ് കരുതുന്നത് അലൗകികമായ ആ നിമിഷങ്ങൾക്ക് ഞാൻ എന്റെ ആയുസ്സിലെ പത്തു വർഷം പകരം കൊടുക്കും അല്ലെങ്കിൽ ഒരായുസ് മുഴുവൻ അതെ ൂ ഇതെന്താ ഇങ്ങനെ ഹിരിക്കെ പൊറുതിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എത്രാമത്തെ സിഗരറ്റാ കത്തിക്കുന്നേ ഇങ്ങനെ നിർത്തില്ലാതെ പുകവലിക്കുന്നത് ഞാനൊന്ന് പുറത്തു പോയി വരാ വേഗം എങ്ങോട്ടാ ധൃതി വെച്ച ചോദിക്കാനല്ലേ ഇപ്പോൾ പോകണ്ട നോവൽ നല്ല ഒഴുക്കിന് വരികയല്ലായിരുന്നോ അതിനിടയ്ക്ക് ഒരു പോക്ക് ചൂതുകളിക്ക് അല്ല ഞാൻ അറിയാനിട്ട് ചോദിക്കുകയാണ് ഇനിയെങ്കിലും ഇതൊന്നും നിർത്തിക്കൂടെ എന്തിനെ ഇങ്ങനെ സ്വയം നശിക്കുന്നേ നീ ആരാ എന്നെ ഉപദേശിക്കും അൻപത് റൂബിൽ കൂലി കിട്ടുമല്ലോ നിങ്ങളുടെ നോവൽ പകർത്തി എഴുതാൻ വന്ന വെറുമൊരു സ്റ്റെനോ നിങ്ങൾ എങ്ങനെ നശിച്ചാൽ എനിക്കെന്താ നല്ലത് പറഞ്ഞാൽ മനസ്സിലാക്കില്ല പൊയ്ക്കോ ചൂത കളിക്കാനോ കള്ള് കുടിക്കാനോ എന്തിനു വേണേലും പൊയ്ക്കോ പണയം വെച്ചോ കടം മേടിച്ചോ തുലക്ക് നഷ്ടം ഞാൻ പോവാണ് എനിക്ക് നിങ്ങളുടെ ജോലിയും വേണ്ട കൂലിയും വേണ്ട വേറെ ആരെയെന്ന് വെച്ചാൽ വിളിച്ച് എന്താ കുട്ടിയെ ഞാൻ പോവാണ് ഇങ്ങനെ ഒരാളുടെ കൂടെ ജോലി ചെയ്യാൻ എനിക്കിഷ്ട എനിക്കതിന്റെ ആദായവും വേണ്ട അന്ന പോകരുത് ഞാനാ പറഞ്ഞേ പോകരുതെന്ന് അന്ന എന്നോട് ക്ഷമിക്കെ അന്ന ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ആരും ക്ഷമിക്കും എന്നോട് ക്ഷമിക്കാനും ക്ഷമിക്കാതിരിക്കാനും ഞാനാ ഒരാൾ നന്നാവണമെന്ന് പ്രാർത്ഥിക്കാനുള്ള അവകാശം പോലും വകവച്ച് തരുന്നില്ലെങ്കിൽ അന്ന നവംബർ ഒന്നിനു മുമ്പ് നോവൽ തീർത്തു കൊടുത്തില്ലെങ്കിൽ എൻ്റെ എല്ലാം അയാൾക്കായി തീരും ഞാൻ എൻ്റെ ജീവിതമാണ് പണയപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴന്ന എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെയായി തീരും ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്കും ഉണ്ട് വിഷമം എന്താ അതും മനസ്സിലാക്കാത്ത എത്ര വേഗം എഴുതിക്കൊണ്ട് അല്ലെങ്കിൽ സന്തോഷം എന്റെ ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല ദൈവത്തിന് ഒരാഗ്രഹമുണ്ടായിരുന്നു ശാപങ്ങൾ കൊണ്ടൊരാളെ അനുഗ്രഹിക്കണമെന്നും ഹീ എങ്ങനെ ഇരിക്കുമെന്നറിയാൻ ദൈവം ഇപ്പോൾ എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനെ ഇങ്ങനെ സ്വയം ഇടിച്ചു താഴ്ത്തുന്നേ ഒരു ഫലിതം പറഞ്ഞാൽ മനസ്സിലാകാത്ത വിധത്തിൽ ഒരാൾ ഗൗരവപ്രകൃതിയായി തീരുന്നത് എന്ത് കഷ്ടമാണ് ഇത് ഫലിതമൊന്നുമല്ല ഒരാൾ തന്റെ ഹൃദയത്തിന്റെ ഏഴലത്തൂടി പോകാനും ദൈവത്തിന് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് ഇങ്ങനെ ഒരാളെ അതാണ് കുഴപ്പം ഒരു കടലോളം എന്റെ മനസ്സിലുണ്ട് എങ്ങനെ അത് വാക്കുകളിൽ പകരും പ്രസാദിക്കാൻ കൂട്ടാക്കാത്ത ഏതോ ഒരു ദുർദേവതയ്ക്ക് സ്വയം ബലികൊടുക്കും പോലെയാണ് എഴുത്തും നമുക്കൊന്ന് പുറത്തിറങ്ങിയാലും എങ്ങോട്ട് അനന്തമായ ആകാശത്തിന് ചുവട്ടിൽ എന്റെ കാര്യത്തിൽ ദൈവത്തിനൊരു പെശകു പറ്റി പക്ഷിക്ക് വേണ്ടി സൃഷ്ടിച്ച് ആത്മാവെടുത്ത് മനുഷ്യ കോലത്തിൽ വെച്ചു എപ്പോഴും കുറ്റം ദൈവത്തിന് എന്നെ മനസ്സിലാക്കാൻ വേറെ ആരാ ഉള്ളത് നമുക്ക് നേവാനദിയുടെ തീരത്ത് തിന്നിരിക്കാം കുറേ നേരം എന്താ എന്തൊക്കെയോ ഓർമ്മകൾ ഇതിന്റെ തീരത്ത് നിൽക്കുമ്പോൾ കടങ്കഥാ ഒറ്റപ്പെട്ട ഒരാളുടെ വ്യധയ്ക്ക് തുല്യമായി എന്താണുള്ളത് ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം ഏതായി പോളിനറിയില്ലേ ചൂതാട്ടക്കാരനിലെ ഒരു കഥാപാത്രം അല്ല അവൾ വെറുമൊരു കഥാപാത്രമാണെന്ന് വിശ്വസിക്കാൻ എന്നെ കൊണ്ടാവില്ല കഥാപാത്രം അവിശ്വസനീയമാണെന്ന് പറയുമ്പോൾ അത് അതല്ല അത് വെറും ഭാവനയൊന്നുമല്ല പോളിനിയോടുള്ള സ്നേഹം കൊണ്ട് അലക്സിയുടെ ഹൃദയം കത്തിക്കാളുന്നു എന്ന് പറഞ്ഞില്ലേ സത്യത്തിൽ കത്തിക്കാളുന്നത് ഹൃദയം തന്നെയല്ലേ ഞാൻ എന്റെ ഹൃദയം പൂട്ടി താക്കോൽ എവിടെയോ വലിച്ചെറിഞ്ഞു അതെവിടെ കിടന്ന് കിട്ടിയോ നിനക്ക് എന്റെ ഹൃദയത്തിന്റെ താക്കോലും കൊണ്ടാണോ നീ വന്നിരിക്കുന്നത് നിനക്കറിയില്ല കുട്ടി ദൂരം താണ്ടിയാണ് ഇവിടെ എത്തിയതെന്ന് എന്തെല്ലാം അനുഭവിച്ച് എത്രയെത്ര കുരിശുമരണങ്ങൾ സഹിച്ച് നീ കുറെ കേട്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് നീ എന്ത് കേട്ടു ദരിദ്രൻ നിസാരൻ നിമ്യൻ കടക്കാരൻ ചൂതുകളിക്കാരൻ കണ്ണിൽ കണ്ട പെണ്ണുങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു അസന്മാർഗി ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല ചികഞ്ഞു നോക്കുമ്പോൾ ആക്ഷേപിക്കുന്നവരോട് ഒരു ചോദ്യമുണ്ട് ജീവിതവും വിധിയും എന്നോട് എന്താണ് കാട്ടിയത് ഒരാൾ ദരിദ്രനാകുന്നത് ഒരു കുറ്റമാണോ ഉണ്ടായിരുന്ന സാമ്രാജ്യം വിറ്റ് അതിന്റെ പൊൻപണം മുഴുവൻ കടലിലെറിഞ്ഞിട്ടാണോ ഞാൻ ദരിദ്രനും കടക്കാരനുമായത് ഓഹ് ചോദിച്ചതേ അബദ്ധം ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് എന്നെ തടവിൽ പാർപ്പിച്ചത് സൈബീരിയയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നാലു വർഷം കള്ളന്മാരുടെയും കൊലപാതകങ്ങളുടെയും കൂടെ ഉന്നം പിടിച്ച തോക്കിന്റെ മുമ്പിൽ കാഞ്ചുവലിക്കുന്നതും കാത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കാനതാണ് അത്ഭുതം പുറത്തു കടന്നപ്പോ വേലിക്കെട്ടിനരികിൽ ഒരു പെണ്ണ് നിൽക്കുന്നു സ്നേഹവും സാന്ത്വനവും കൊണ്ട് ആ കിഴവ്ക്കെന്തറിയാം ഞാൻ ബലാത്കാരമായി ആരെയും സ്നേഹിച്ചിട്ടില്ല എന്താണ് സ്നേഹം വയലിൻ കമ്പിയിൽ സംഗീതമുണ്ടാക്കുന്നത് ഒരാളുടെ സ്നേഹമാണ് ഒരു മഹാശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചം ഉരുവായത് ദൈവത്തിന്റെ സ്നേഹം പ്രവർത്തിച്ചത് കൊണ്ട് സ്നേഹത്തിന് കറയുണ്ടെന്ന് ആര് പറയും വലിഞ്ഞു ശാന്താകോ ഞാൻ ഒന്നും ഒളിക്കുന്നില്ല മറ്റുള്ളവർക്ക് സ്നേഹവും ബഹുമാനവും തോന്നാവുന്ന ഒന്നും എനിക്കുണ്ടായിരുന്നില്ല എന്നിട്ട് എന്നെ സ്നേഹിക്കാനും ഏത് സ്നേഹത്തെയും വിശുദ്ധമായിട്ടാണ് ഞാൻ കണ്ടത് എന്നെ സ്നേഹിച്ച ആരെങ്കിലും ഞാൻ അസന്മാർഗിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരാളെ പറ ദൈവത്തെ ഓർത്ത് മതി അന്നറിയാമോ ഏതോ കുരിശിൽ കിടന്ന പിടയും പോലെയായിരുന്നു എന്നും എന്റെ ജീവിതം ഞാൻ എന്നെ ഒരു വിശുദ്ധനാക്കുകയാണെന്ന് ധരിക്കരുത് എന്റെ ദൈവമേ ഈ ആത്മാവിനോട് എന്തിനാ ഇങ്ങനെ ചെയ്തത് എത്ര ക്രൂരമായിട്ട് എന്താ പറഞ്ഞേ ഞാൻ ദൈവത്തോട് ചോദിക്കായിരുന്നു സ്വന്തം പുത്രന്മാരെ തന്നെയാണോ കുരിശിനു കൊടുക്കുന്നതെന്ന് അന്ന എന്നോട് ക്ഷമിക്കെ എനിക്ക് നിന്റെ കൈത്തലത്തിൽ ഒന്ന് ചുംബിക്കണമെന്നുണ്ട് അന്നെ അവിടെ ചേച്ചി കിടക്കുവാണ് അവളിക്കവളെ ഇങ്ങോട്ട് ചേച്ചി ചേച്ചി ഒച്ച വയ്ക്കണ്ട ഞാനിവിടെ ഉണ്ട് അദ്ദേഹം പോയോ പോയി ഒരു കുതിര ഉണ്ടീല് എന്നൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് എന്റെ ദൈവമേ കണ്ടപ്പോ എന്റെ മനസ്സിടിഞ്ഞു പോയി എന്താ കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല പിഴിഞ്ഞ ഒരു കിഴവൻ പൊടിയവിടുന്ന് നിങ്ങൾ എന്തിനാ വഴക്കുണ്ടാക്കുന്നേ അമ്മേ അവൾ പറഞ്ഞത് കേട്ടില്ലേ കിഴിവനെന്ന് ഏയ് ലോകത്തിലേക്കും വെച്ച് സുന്ദരനായ ഒരു യുവാവ് പോരെ അതെ എന്താ സംശയം നിനക്കത് മനസ്സിലാവില്ല ആ മനസ്സിൻ്റെ ഭംഗി അതിൻ്റെ മഹത്വം അല്ല അന്നേ നീ എന്തിനാ ഗസ്റ്റ് ഹൗസ് വന്നപ്പോൾ ഒഴിഞ്ഞു മാറിയത് അദ്ദേഹത്തെ പോലെ ഒരാളിനോട് നുണ പറയേണ്ടി വന്നത് ചേച്ചിക്ക് അദ്ദേഹം ലോകത്തിലേക്കും ഏറ്റവും വലിയ മഹാനാണ് എന്നിട്ട് ആ മഹാൻ വീട്ടിൽ അന്വേഷിച്ചു വരുമ്പോൾ ഇവിടെ ഇല്ലെന്ന് പറയാൻ അമ്മയും ചട്ടം കെട്ടുന്നു എന്നിട്ട് ആളിറങ്ങി പോകുന്നത് ഒലിഞ്ഞു നിന്ന് നോക്കുക എന്താ ഈ നാടകത്തിന്റെ അർത്ഥം നിനക്കതിപ്പോൾ മനസ്സിലാവില്ല സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് അകന്നു മാറുന്നതിൻ്റെ നീറ്റൽ നിനക്കത് മനസ്സിലാവില്ല അമ്മേസ് കീടെ ചേച്ചിയും സാഹിത്യം തുടങ്ങി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി നീ ഇവിടെ ഇല്ലെന്ന് നുണ പറയാൻ ദൈവമേ എൻ്റെ മനസ്സ് പോയി നീ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാത്ത എന്താ നിന്നെ കാണാഞ്ഞിട്ടല്ലേ അദ്ദേഹം അന്വേഷിച്ചു വന്നത് സത്യം പറ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ലമ്മേ ആ മനുഷ്യൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല നിനക്കിഷ്ടമില്ലെങ്കിൽ പോകണ്ട അതിനിങ്ങനെ ഒളിച്ചു കളിക്കണോ ഇനി തൊട്ട് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ പോരെ ഞാൻ പോവുമായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ ചേച്ചിക്ക് എന്താ അന്വേഷിച്ചു വരുമ്പോൾ ഒലിച്ചിരിക്കുക പിന്നെ അങ്ങോട്ട് ചെല്ലുക എന്താ ഇതിൻ്റെ പേര് ഭ്രാന്ത് അല്ല പിന്നെ ആ ഇത് അത് ആ ഇവാനും അന്വേഷിച്ചു വന്നിരുന്നു നിന്നെ എന്നെ കാണാൻ ഇവാനും വരണ്ട ഇലിയച്ചും വരണ്ട അമ്മ പറഞ്ഞേക്ക് െന്താ കൊടുങ്ങാറ്റൂതും പോലെ ഫെദോസിയ ഞാൻ ഇപ്പൊ വരാം ഫൈദോറിനെ കണ്ടിട്ട് എന്നോട് ക്ഷമിക്ക് നമുക്ക് ഗാംബ്ലർ പൂർത്തിയാക്കണ്ടേ പറഞ്ഞതാ ഞാൻ എഴുതാം വേണമെങ്കിൽ രാവും പകലും എന്നെ പോലെ ഒരാൾക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യാമെന്നാണോ എന്നെപ്പോലെ ഒല്ല തോന്നിയത് പിശാജിന്റെയും പുണ്യവാളന്റെയും അംശങ്ങളുള്ള ഒരാള് എന്റെ കണ്ണിൽ ലോകത്തിലെ എല്ലാ നന്മകളുടെയും ഒരു കടല്പ്പെട്ട ഒരാത്മാവ് സത്യം എന്തിനെ ഇങ്ങനെ സ്വയം ഇടിച്ചു താഴ്ത്തുന്നേ അങ്ങനത്തെ ഒരാളെ ഞാൻ സ്നേഹിക്കും അങ്ങനത്തെ ഒരാളെ ഒരു ദിവസം സുന്ദരിയായ പെൺകുട്ടിക്ക് വൃദ്ധനും ദരിദ്രനുമായ ചിത്രകാരനോട് സ്നേഹം തോന്നുമോ ചോദിച്ചില്ലേ ഊവെന്നാണ് ഉത്തരം ഇപ്പോൾ സംശയം തീർന്നോ അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരു ആറ് വഷളനാണെന്നാണ് കേൾവിതും എന്തിനാ ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനൊരു കുറ്റവാളിയെപ്പോലെ നിൽക്കുന്നത് ഞാൻ എന്ത് കുറ്റം ചെയ്തെന്ന് എനിക്കറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ തന്നെ കുറ്റക്കാർ എന്റെ ജീവിതം തന്നെ ഒരു വലിയ കുറ്റമാണ് കൂടി ആലോചിച്ചിട്ട് മതി എന്നെ സ്നേഹിക്കാൻ ഒന്നും കൂടി ആലോചിക്കാനോ എന്തോ ഒരു ചേർച്ചക്കുറവ് എന്റെ ദയനീയമായ സാഹചര്യങ്ങൾ ഒരു ദുസ്വപ്നം പോലെയുള്ള എന്റെ ഭൂതകാലം അനിശ്ചിതമായ എന്റെ ഭാവി എന്റെ പ്രായം ഓർത്തുനോക്ക് ഇരുപത്തഞ്ചു വയസ്സിന്റെ വ്യത്യാസം എന്തും വിചാരിച്ചോട്ടെ എനിക്കിഷ്ടമായിട്ടല്ലേ ഞാൻ അന്നയെ ചാതിച്ചതാണെന്ന് മറ്റുള്ളവർ വിചാരിച്ചാലോ ഞാൻ എന്തോ കുറ്റം ചെയ്തതുപോലെ എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല പോരെ ഞാൻ എന്റെ സ്നേഹത്തെ പറയാൻ പോവാണ് ലോകത്തോട് മുഴുവൻ പള്ളിയിലേക്കൊന്നും ഞാൻ പോകുന്നത് ഞാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ചെളിക്കുണ്ടിൽ വീണുപോയ ഒരാളെ ഞാൻ മനഃപൂർവ്വം സ്നേഹിച്ചതല്ല ഇത് ദൈവഹിതം പോലെ സംഭവിച്ചതാണ് എനിക്ക് ഉറപ്പുണ്ട് ഹൃദയത്തിൽ നന്മയും വിശുദ്ധിയുമുള്ള ഒരാളെ തിരിച്ചറിയാൻ കഴിയും അബദ്ധമോ ഞാൻ എന്റെ പിതാവിന്റെ ശവക്കല്ലറക്കരികിൽ ഞാൻ ചെയ്ത കുറ്റത്തിന് മാപ്പു ചോദിക്കാൻ പോകുകയാണെന്നാണോ വിചാരം എന്തെങ്കിലും അബദ്ധം പിണഞ്ഞെന്നുള്ള തോന്നലൊന്നും ഞാൻ അന്നയുടെ ജീവിതം കൂടെ തുലയ്ക്കാൻ പോവുകയാണോ എന്ന് എന്റെ ദൈവമേ ഇത് വല്ലാത്ത കുരിശായല്ലോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കിഷ്ടായിട്ടാണെന്ന് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് പ്രതീക്ഷിക്കാനുണ്ടോ എനിക്ക് എന്താ സംശയം എനിക്ക് ഉറപ്പുണ്ട് മുമ്പൊരിക്കൽ ഫൈദൂർ തന്നെ പറഞ്ഞില്ലേസ്കി ഏതോ അനശ്വരതയുടെ കൊയ്ത്തുകാരനാണെന്ന് അത് സത്യമായിട്ട് വരും ഞാൻ പ്രാർത്ഥിച്ചിട്ട് വേഗം വരാം യരുശലേയും നിവാസികളുടെ മേൽ യഹോവയുടെ ശാപം വീഴുന്നു നിങ്ങളുടെ തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിപെട്ടിരിക്കുന്നു അടി മുടി മുടിവരെ സുഖവുമില്ല മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ വിശുദ്ധ നഗരം വേഷ്യാലയമായി തീർന്നത് എങ്ങനെയാണ് എനിക്കെന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഏതോ ഒരു കാട്ടിനകത്ത് അകപ്പെട്ടതുപോലെ ദൂരെ നിന്ന് ഭയാനകമായ മുഴക്കങ്ങൾ കഴുകുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ ഇങ്ങനെ പകച്ചു നോക്കുന്നത് കൊടുങ്കാട്ടിനുള്ളിൽ ചുറ്റിത്തിരിഞ്ഞ് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടെ കാത്തു നിൽക്കുന്നത് ദൈവദൂതനല്ലെകുത്താനാണ് എന്റെ കണ്ണുകളിൽ നിന്ന് ആകാശവും ഭൂമിയും നീങ്ങി പോകുന്നു ഞാൻ ഏതോ കാട്ടിനകത്താണ് എനിക്കതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുന്നില്ല ഇന്നലെ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഈ പ്രാന്തൻ തോന്നലുകളൊക്കെ ഞാൻ പറയാം ചായയുണ്ടാക്കാൻ കടുപ്പത്തിൽ ഒരു ചായ കുടിക്കുമ്പോൾ ഈ മൗഢ്യം മാറും എന്നിട്ട് നമുക്ക് തുടർന്ന് എഴുതണം നവംബർ ഒന്നിനു മുമ്പ് നോവൽ കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ജയിലിൽ അടക്കട്ടെ എന്നെ ഓർത്താരും വിഷമിക്കണ്ട പോ എന്റെ മുമ്പീന്ന് അതിന് ഞാനെന്ത് വേണം നീ ആരാ ദൈവത്തിന്റെ അമ്മയോ എനിക്കിപ്പോ ആരെയും കാണണ്ട എനിക്കറിയാം എന്തുകൊണ്ടാണ് ഈ പിരിമുറുക്കമെന്ന് ഇതാ നോക്ക് പണം ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് പോയി ഇന്നു പകൽ മുഴുവൻ ചൂതുകളിക്ക് ഈ സംഗടം മുഴുവൻ തീരും എനിക്കറിയാം ചൂതുകളിയുടെ വിചാരം കേറിയാൽ പിന്നെ ഞാൻ ഇതിനു മുമ്പ് ആരുടെയും ആരാ പറഞ്ഞത് കീഴടങ്ങലാണെന്ന് അത് കൊള്ളാം ആ സന്തോഷമായിട്ട് പോ ഫയദോർ മിഖേലോവിച്ച് ദെസ്തയോസ്കി ഇന്ന് ഇതുവരെയുള്ള എല്ലാ തോൽവികൾക്കും പകരം വീട്ടും അല്ല ആരാത്യോ കൊറേ ദിവസം ആയല്ലോ കണ്ടിട്ട് എവിടെ ആയിരുന്നു കിഴവൻ ഗ്രിഹറിയാക്കോവേ താൻ ഇതുവരെ ചത്തില്ലേ ഇല്ലെന്ന് ഞാൻ ചത്താ പിന്നെ ഇവിടെ വെറും കൈയ്യോടെ ചൂതുകളിക്കാൻ വരുന്നവർക്ക് കടം കൊടുക്കുന്നത് ആരാ ഗ്രിഗറിയാക്കോവിന് മരണമില്ല ഏഴ് ജന്മം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമ്പോഴും കിഴവൻ ഗ്രിഗറിയാക്കോവ് ഇവിടെ ഉണ്ടാവും തൻ്റെ പണസഞ്ചിയുമായിട്ട് എന്തിനാ എന്നെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നത് കടം ചോദിക്കാനാണോ എനിക്കിന്ന് കിഴവൻ ഗ്രിഗറിയാക്കോവിൻ്റെ പണം വേണ്ട നോക്ക് ഞാനിന്ന് ധനവാനാണ് എവിടെ ഒന്ന് സാർ ചക്രവർത്തിയുടെ ഖജനാവ് കൊള്ള അടിച്ചത് എടോ കിഴവ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ സന്തോഷത്തോടെ തന്ന അനുഗ്രഹിച്ചു സ്വാഗതം ഈ മേശയിൽ ഇരിക്കട്ടെ അല്ല അല്ല ഇനിസ്കിയുടെ വിജയങ്ങൾ കണ്ട് എനിക്ക് ഭയമാകുന്നു ചുമ്മാ നെല്ല് കളവാറമ്പ അത്രയും തുക വയ്ക്കല്ലേ ഞാൻ വയ്ക്കും ഇന്ന് എന്റെ ദിവസമാണ് എന്റെ മഹാവിജയങ്ങളുടെ ദിവസം കൊണ്ട് തിരിച്ചു പോസ്റ്റേസ് നിങ്ങൾക്കറിയില്ല അവൻ അങ്ങനെ പോവില്ല എന്നാൽ കളിച്ച് നശിക്ക് അന്ന ഞാൻ എന്ത് സംഭവിച്ചു ഒന്നുമില്ല ഞാൻ കളിച്ചു തോറ്റു എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നശിപ്പിച്ചു ഞാൻ പാപിയാണ് എന്നെ ശഭിക്കേ എന്ത ഇത് കൊച്ചുകുട്ടിയെ പോലെ കളിച്ചു അത്രയല്ലേ ഉള്ളു തോൽവികൊണ്ടൊന്നും തോൽക്കാൻ പോകുന്നില്ലെന്ന് ഉറക്കപ്പറ ലോകത്തോട് ഇന്ന് തീയതി ഏതാണ് ഒക്ടോബർ മുപ്പത് ില്ല അതൊന്നും വേണ്ട വേഗം നോവൽ കൊണ്ടു കൊടുക്ക ആ സ്റ്റെല്ലോസ്കുമായുള്ള ഇടപാട് തീർക്ക പോ കരാറിന്റെ അവസാനത്തെ ദിവസമല്ലേ െ ഞാൻ നിന്നെ കാണാനാണ് ഓടി വന്നത് എനിക്കൊരു ജോലി ഉറപ്പായിട്ടുണ്ട് എങ്ങനെ ജീവിക്കുമെന്നുള്ള പേടി ഇനി വേണ്ട ആ പിന്നെ നീട്ടിക്കൊണ്ട് പോകണ്ട ഏത് നമ്മുടെ വിവാഹം ഞാൻ അത് ഇനിയും നീ എന്തായി പറയുന്നേ നിനക്കെന്നോട് സ്നേഹമില്ലേ എനിക്കറിയില്ല അന്നെ എന്തായി പറയുന്നേ േ അയാളുടെ ഓഫീസിൽ അവരത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ ചതി തന്നെ ഇനി എന്ത് ചെയ്യും നമുക്ക് ഈ നോവൽ വലിച്ചു കീറി ആകാശത്തിലേക്ക് തമാശ പറയാൻ കണ്ട നേരം എനിക്കൊരു ബുദ്ധി തോന്നുന്നു കോടതിയിൽ ചെന്നപ്പോ ജഡ്ജില്ല ഇനി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ ഇൻസ്പെക്ടർ ഉണ്ടാവു എന്തോ സമയം പോയി എനിക്ക് നോവലാണ് ഇത് ഇന്ന് അഞ്ചു മണിക്ക് മുമ്പ് സ്റ്റെല്ലോസ്കിയെ ഏൽപ്പിച്ചില്ലെങ്കിൽ എല്ലാ പുസ്തകങ്ങളുടെ അവകാശം അങ്ങനെ ഒരു കരാറുണ്ട് അയാൾ മാറിക്കളഞ്ഞു അത് ചതിയാണ് വരാന്തയിലുണ്ട് അദ്ദേഹം ആകെ തകർന്ന നിലയിലാണ് സാറൊന്ന് സഹായിക്കണം ദൈവത്തെ ഓർത്ത് മനസ്സിലായി നിങ്ങൾ ആരാ ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് പോലീസ് ഇൻസ്പെക്ടറെ നോവൽ ഏൽപ്പിച്ച് അന്ന ഇറങ്ങി വന്നപ്പോൾ ജീവിതത്തിൽ ശേഷിക്കുന്ന എല്ലാ മോഹങ്ങളോടും കൂടി ദസ്തേവ്സ്കി അവളെ നോക്കി ദൈവീകമായൊരു നിമിഷമാണതെന്ന് അദ്ദേഹത്തിന് തോന്നി ദൈവം സാക്ഷി നിൽക്കുന്ന ഒരു നിമിഷം ആ നിമിഷത്തിൻ്റെ അദൃശ്യമായ പ്രേരണയ്ക്ക് കീഴടങ്ങി ദസ്തേവ്സ്കി ആ വഴിവക്കിൽ വെച്ച് അന്നയെ ആലിംഗനം ചെയ്തു ദുരന്തത്തിൻ്റെയോ മരണത്തിൻ്റെയോ ഗർത്തങ്ങളിൽ നിന്ന് ഒരാത്മാവ് ദൈവീകമായൊരു നിമിഷത്തിൽ ഉയർത്തെഴുന്നേറ്റ് അനശ്വരതയുടെ ഏതോ ഒരു ശിഖരത്തിൽ വച്ച് ഇണയെ കണ്ടുമുട്ടുന്നത് അത് ഒരു സങ്കീർത്തനം പോലെ സമാപിക്കുന്നു രചന പെരുമ്പടവം ശ്രീധരൻ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ദസ്തിയുസ്കി അലിയാർ അലോൺകിൻ ജി കെ പിള്ള ഗ്രിഗറിയ പി ഗംഗാധരൻ നായർ സ്റ്റെല്ലൌസ്കി പി സി സോമൻ ഇലിയച്ച് അനന്തപുരം രവി പോലീസ് ഇൻസ്പെക്ടർ പട്ടം ബേബി ചൂതുകളിക്കാർ കെ ആർ പ്രേമൻ ജോസഫ് ഗാൻഷ്യസ് അമ്പാടി തങ്കപ്പൻ വടതക്കാട് ബാബു അന്ന മീന നെവിൽ ഹെദോസ്യ കോട്ടയം ശാന്ത അമ്മ സി എസ് വാരങ്ക കൃഷ്ണപ്രിയ പശ്ചാത്തലത്തിൽ ഇലക്ട്രിക് ഓർഗൺ രാജ്മോഹൻ പി ടി ബാബു ജോസ് സാക്സോഫോൺ കീഫ്ലൂട്ട് ജോയ് പനച്ചിക്കൽ എലക്ട്രിക് ഗിറ്റർ എഡ്വിൻ സാമുവെൽ റിതം ബോക്സ് ലാലപ്പൻ വയലിൻ ജെയിംസ് ജോയ് സദാശിവൻ യേശുദാസ് ജോബി മാത്യു ആലാപനം സീന തോമസ് സംഗീതം മുരളീ സിത്താര സാങ്കേതിക സഹായം എസ് ഗോപിനാഥൻ നായർ സംവിധാനം കെ എ മുരളീധരൻ ബേബൻ കൈമാപ്പറമ്പൻ